അവൾ പറഞ്ഞു നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ വ്യക്തി ഇദ്ദേഹമാണ് ഞാൻ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു എന്നാൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു ഞാൻ കൽപ്പിക്കുന്നത് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹം തടവിലാക്കപ്പെടും അദ്ദേഹം നിന്ദിതരിൽ ഒരാളാകും